അതുപോലെ ഓരോ നാട്ടിലും അവിടുത്തെ കുറ്റവാളികളായ പ്രമുഖരെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ അവർ തന്ത്രങ്ങൾ മെനയുന്നതിനായി എന്നാൽ അവർ തന്ത്രം മെനയുന്നത് സ്വന്തം നാശത്തിനു വേണ്ടിയല്ലാതെ മറ്റൊന്നുമല്ല പക്ഷേ അവർ അത് തിരിച്ചറിയുന്നില്ല